syasana amisya bhantanu syasana jiviya nadee samasmiya amisya amisya bhangita syarama sanga vacari syasana maha ഭാഷ്യ ഗർഭ ഈ സർവുരു ക്ഷണമം തോപ്യനംഭവ്യം ഓക്കാരൃകാതിപ്പ ോനവിശലിസ്ഥലഭവസോണർ പ്രഥമ പദ യത്രംയത്തിന് ീഭൂതപ്രജ്ഞാനഘനൈവാനന്തയൂഹ്യാനന്ദഭുക്സോമുഖപ്രസ്തൃതീയ പദ ശ്രീ സർവ ശാന്തി പ്രിയമീ ശയാനി സർവാസീത ഭോക്തയ വിഭൂതാനാം ആമീൻ ഡോക്ടർ ജാനനയെ കൊരൺ നൊവേദ നന്ദ നന്ദ നന്ദ പ്ര അ മദൃശ്യമ ഭാരമഗ്രാമലക്ഷണമ ചിന്ധ്യം യുവദേശ്യേവാത്യേസാരം പ്രപഞ്ചോ വശമ സന്തം ശിവ ദ്വൈദം ചതുർം മന്യന്തി സാത്മാേയ പ്രഥമ മാത്ര <piallas> <kills pierdate> യജസൗക്കാരോ ധുറുഷയുത്കർഷയിഭവൈ ജ്ഞാനസമ്പതി ഷക്തസ്ഥിമോ ലഭവ ഇതം അപ്പീവത് മാത്രമേവഹാര പ്രപഞ്ചോദ്ധ എ ഓക്കാര ആത്മതി ആത്മനേദ നിർമിത്തോ ഗ്രഹമാത്രം ദ്വയം തയ്യേ മിഥ്യനിവേശമാത്രം ചന്മനക്കാരണംവഭാവം ബുദ്ധി നിർമ്വത മിഥ്യവേശോ എ ജന്മവും അങ്ങനെ രണ്ടിനെയും കുറിച്ച് പറയും അജാതും പരമാർത്ഥം പക്ഷെ ജന്മം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് പറയുന്നു അസദ്വൈത വിഷയ വിഷയം അസത്താണ് പരമാർത്ഥമല്ല എന്നിരിക്കലും അത് പരമാർത്ഥമല്ല ഇരിക്കലും അസത്യഭൂതെ ആ പരമാർത്ഥമല്ലാത്ത ദ്വൈതയിൽ അഭിനിവേശം ആ ദ്വൈതത്തിൽ അഭിനിവേശമുണ്ടാകുന്നു കേവലം അഭിനിവേശ ആഗ്രഹം മാത്രം അഭിനിവേശം സത്യമല്ല എന്നല്ലവലം അഭിനിവേശം കൊണ്ട് ആഗ്രഹം കൊണ്ട് ദുരിതം തുറന്നുകൊണ്ടേയിരിക്കുന്നു അതും ചിത്രസ്പന്ദനം തന്നെ ആ ചിത്തസ്പന്ദനം നിലയ്ക്കുന്നില്ല അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു അതിന് കാരണം ആ ചിത്തസ്പന്ദന രൂപത്തിലുള്ള അഭിനിവേശമാണ് ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ ജനന മരണങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മരണം വീണ്ടും ജനിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കാരണം ആ ജീവന്റെ കാമനയാണ് അത് സത്യമല്ലെങ്കിലും അതിന് ഈ സൃഷ്ടിയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കഴിവുണ്ട് അത് സത്യമായതുകൊണ്ടല്ല അസത്യഭൂതേ എന്ന് പറഞ്ഞത് അത് അസത്യമാണെങ്കിലും അതിനാ ഒരു ശേഷിയുണ്ട് അത് സംസാരത്തെ നിലനിർത്തുന്നു എന്നാണ് പരമാർത്ഥത്തിലാണെങ്കിലോ ദ്വയം തത്വ വിദ്യത്തെ വിഷയം ആ വിഷയത്തെ അഭിനിവേശം ഇങ്ങനെ രണ്ടില്ല എന്ന് പറഞ്ഞല്ലോ സർവവും ആ ചിത്തസ്പന്ദനം മാത്രമാണ് അതുകൊണ്ട് അവിടെ ഒരു തരത്തിനും ഇവിടെ ജീവിതത്തെ അംഗീകരിച്ചുകൊണ്ടല്ലോ പറയുന്നത് എന്നാലും ഈ സ്പന്ദനം അഭിനിവേശ രൂപത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് ുന്നു ചോദിക്കുന്നത് ഇത് പരമാർത്ഥമല്ല കേവലം മനസ്സ്പന്ദനമാണ് എന്ന് സ്വീകരിച്ചാലും അതിൽ തന്നെ എങ്ങനെ ഈ കാര്യകാരണഭാവങ്ങൾ നിലനിൽക്കുന്നു ഇച്ഛ കാരണം ജന്മം കാര്യം ഈ തരത്തിൽ എന്തുകൊണ്ട് തുടർന്നു പോകുന്നു എന്നാണ് എന്നത് പരമാർത്ഥമല്ലെങ്കിലും അതിൽ തുടരാം മിഥ്യ അഭിനിവേശം മാത്രം ജന്മനഹ കാരണം ജന്മത്തിന് കാരണമായിരിക്കുന്നത് ഈ അഭിനിവേശം മാത്രമാണ് അത് അവസാനിക്കുന്നില്ല മനസ്സിൽ ജീവഭാവത്തിലുള്ള സ്ന്ദനം അതിൽ തന്നെ മനോരൂപത്തിലുള്ള സ്പന്ദനം അവിടെ ഇച്ഛാരൂപത്തിൽ സ്പന്ദനങ്ങളുണ്ടാവുന്നു ആ സ്പന്ദനം ഉണ്ടായാൽ അത് പിന്നെ ജീവനും മുന്നോട്ട് പോകുന്നതിനുള്ള പ്രേരണയെ അവസാനിക്കുന്നില്ല അത് അസ്പന്ദുന്നില്ല അതുകൊണ്ട് ആ ഇച്ഛാരൂപത്തിലുള്ള സ്പന്ദനം അത് മാത്രമാണ് ഈ സംസാരത്തിന് കാരണമായിരിക്കുന്നത് യാഭാവം ബുദ്ധ നിർനിമിത്തോ ഇവിടുത്തെ മിഥ്യ ദ്വയാഭിനിവേശോ യുവജായത്തെന്നുള്ള മോചനം എങ്ങനെയാണ് എന്ന് പറയുന്നു ഇത് അജീവനായും ചിത്തമായും വിഷയമായും എല്ലാം സ്പന്ദിച്ചിരിക്കുന്നത് ഒരേ ഒരു തത്വം തന്നെ അതാണ് ദ്വയാഭാവം അതറിയുന്നു അദ്വൈമായിരിക്കുന്ന ഒന്നിൻ്റെ സ്പന്ദനമാണ് അദ്വൈമായിരിക്കുന്ന ഒന്ന് സ്പന്ദിക്കുന്നുണ്ട് രണ്ടാകുന്നില്ല പരമാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആ ദ്വയാഭാവത്തെ ബുദ്ധ അത് അനവന് നിമിത്തമില്ലാതിരിക്കുന്നു ജീവന് മുന്നോട്ടു പോകുന്നതിനുള്ള ഹേതു നഷ്ടപ്പെടുന്നു സംസാരം അവിടെ ഉപരമിക്കുന്നു അവസാനിക്കുന്നു അനന്തൂരത്വ മിഥ്യ ദ്വയാഭിനിവേശ അഭിനിവേശമില്ലാതാവുന്നു ആ സ്ഥനം നിലയ്ക്കുന്നു എന്നർത്ഥം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ന നിവൃത്തിയാണ് ഇതിൻ്റെ അവൻ പിന്നെ ജനിക്കുന്നില്ല അടുത്തിനി പറയുന്നത് അസ്പന്ദതയെ കുറിച്ചാണ് അത് മുഖ്യമായും ആസ്പന്ദത എന്ന് പറയുന്നത് ഈ അഭിനിവേശം അവസാനിക്കുന്നതാണ് പിന്നെ ജന്മം ഉണ്ടാകുന്നില്ല പിന്നീട് സംസാരം അനുഭവപ്പെടുന്നില്ല ജനന മരണങ്ങൾ അനുഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് അഭൂത അഭിനിവേശോസ് सब യാം സബ്വ നിമിത്തോ യേതോ ഉത്തമാധമധ്യമ താതേത ചിത്തം എലം കൂത ശ്രമവിഹിതേ ഹി അനുഷ്ഠീയുന്നു ചിത്രസ്പന്ദനങ്ങളാണ് അതിൽ എന്താണ് ഉത്തമം മധ്യമം അധമം എന്നും മൂന്നായി പിരിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നു അത് ഉത്തമമായ ധർമ്മങ്ങൾ മധ്യമധർമ്മങ്ങൾ അധമധർമ്മം ഉത്തമധർമ്മങ്ങൾ എന്താണ് ജാത്യാശ്രമവിഹിത ജാത്യാശ്രമങ്ങൾ ജാതി വർണം ബ്രാഹ്മണത്വാദി ആശ്രമം ബ്രഹ്മചര്യാദി ആശ്രമം ഈ ജാതിക്കും ആശ്രമത്തിനുമായി വിധിച്ചിട്ടുള്ള ധർമ്മങ്ങൾ അതിൽ ഉത്തമമായ ധർമ്മങ്ങളുണ്ട് ദേവത്വാദി പ്രാപ്തിഹേതവ ദേവത്വം പോലെയുള്ള ഉയർന്ന ജന്മ പ്രാപ്തിക്ക് ഹേതുവായിട്ടുള്ള ഉത്തമധർമ്മങ്ങൾ അതും ആശീർവർജിതേഹി അനുഷ്ഠീയമാണ് നിഷ്കാമന്മാരനുഷ്ഠിക്കുമ്പോൾ നിഷ്കാമന്മാരെ എന്ന് പറയുമ്പോൾ ക്ഷുദ്രമായ കാമനകളൊന്നുമില്ലാതെ ഉത്തമമായ ദൈവത്വപ്രാപ്തിയും മറ്റുദ്ദേശിച്ച് അത്തരം കാമനകളുണ്ടാവുക അഷ്ടമായ കാമനകളില്ല അങ്ങനെയുള്ള അവർ അനുഷ്ഠിക്കുമ്പോൾ ശ്രേഷ്ഠമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആ ധർമ്മങ്ങൾ ഉത്തമമായിരിക്കുന്നു കേവലാസ്റ്റർമ്മത്തിൽ നിന്നും അധർമ്മത്തെ അപേക്ഷിച്ച് ശ്രേഷ്ഠവുമാണ് കേവലവുമാണ് അങ്ങനെയുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവർക്ക് ദേവാദി പ്രാപ്തി ഉണ്ടാകുന്നു സംസാരത്തെക്കുറിച്ച് പറയുക എങ്ങനെ ഈ സംസാരം നിലനിൽക്കുന്നു ഈ സംസാരം നമ്മൾ കാണുന്ന രൂപത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത് കാരണം തുരിയസ്പന്ദനം എങ്ങനെ അതിന്റെ വ്യാപ്തിയും മഹത്വമൊന്നും ജീവന്റെ മനസ്സുകൊണ്ടറിയാൻ കഴിയത്തില്ല അവന്റെ മനസ്സെന്ന് പറയുന്നത് ജീവഭാവം തന്നെ അതിന്റെ ഒരു ചെറിയൊരംശം മാത്രമാണ് അതിൻ്റെ മനസ്സോ അതിനും എത്ര ചെറിയൊരംശമാണ് ഉണ്ടാ ചിത്തനത്തെ ഏകദേശം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് വേദം അപ്പം വേദം പറയുകയാണ് ഇത് വളരെ വിപുലമാണ് അവിടെ കാര്യകാരണങ്ങളുണ്ട് ഹേതുണ്ട് ഫലമുണ്ട് ഹേതു ധർമ്മം ഫലം ജന്മം അതിൽ ഉത്തമമായ ഹേതുക്കളുണ്ട് ഉത്തമമായ ജന്മങ്ങളുണ്ട് ഇതിങ്ങനെ വേദം വെളിപ്പെടുത്തുകയാണ് അതിനെക്കുറിച്ച് അങ്ങോട്ട് പറയുന്നു ആ രീതിയിൽ വളരെ വിപുലമാണ് അതൊന്നും മനുഷ്യ മനസ്സിന് അനുഗ്രഹിക്കാൻ കഴിയാത്തതാണ് അതീന്ദ്രിയമാണ് അദൃഷ്ടഹേതുകമാണ് എന്നെല്ലാം വേദം വെളിപ്പെടുത്തിയിരിക്കുന്നു ആ കാര്യം കൂടെ ഈ സംസാരം ഇത്രയോ വിപുലമായിരിക്കുന്നു അപ്പൊ കേവലം അത് മനസ്സ്പന്ദനമാണെന്ന് പറയുമ്പോൾ നമ്മുടെ വെറും സങ്കല്പങ്ങളാണ് എന്നെ ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് സംസാരത്തിന്റെ വ്യാപ്തി ജീവന് സങ്കല്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ടുതന്നെ ഇവിടെ ഉത്തമ അധമ മധ്യമ എന്നിങ്ങനെ വേർതിരിച്ച് കാണിക്കുകയാണ് കേവലാസ്റ്റർമാഹ അധർമ്മ മനുഷ്യത്വാദിപ്രാപ്തമാതിന്റെ മധ്യമ ഭാവമുണ്ട് മധ്യമധർമ്മങ്ങൾ അതെന്താണ് അധർമ്മ വ്യാമിശ്ര അധർമ്മവുമായി കലർന്നത് പുണ്യപാപ സമ്മിശ്രമായിരിക്കുന്നത് അത് മനുഷ്യത്വാദിപ്രാപ്ത്യർത്ഥ മനുഷ്യത്വം പോലെയുള്ള ശ്രേഷ്ഠ ഭാവങ്ങളെ പ്രാപിക്കുന്നതിന് ഉതകുന്നതാണ് അത് മധ്യമധർമ്മങ്ങൾ ഇതൊന്നും നമ്മുടെ തുച്ഛമായ സങ്കല്പത്തിൽ ഒതുങ്ങുന്ന കാര്യങ്ങളുണ്ട് ഏത് ധർമ്മം എങ്ങനെ കാരണമായിരിക്കുന്നു കാരണത്തിൽ നിന്ന് ഏത് ജന്മം എങ്ങനെ കാര്യമായി വരുന്നു ഇതൊന്നും ജീവൻ സങ്കല്പിക്കാൻ വയ്യ അതത്രയും വിപുലമാണ് പ്രാപ്തി നിമിത്ത അധർമ്മ ലക്ഷണ പ്രവൃത്തി വിശേഷാശ്ച അധമാ ഇനി അധർമ്മം അതെന്താണ് തിരയഗാദി പ്രാപിക്കുന്ന പ്രാണിശരീരങ്ങളെ പ്രാപിക്കുന്നതിനുള്ള അധർമ്മങ്ങൾ അധർമ്മ രൂപത്തിലുള്ളവ അധർമ്മ പ്രവൃത്തികളും അധർമ്മത്തിൽ നിന്നുണ്ടാകുന്ന പാപവും അതുകൊണ്ടെല്ലാം ലഭിക്കുന്ന പ്രാണിജന്മങ്ങൾ അങ്ങനെ ഇതിന്റെ വൈകല്യത്തെ എന്ന് പറയുമ്പോൾ ഈ ചിത്രസ്പന്ദനം എന്ന് പറയുന്നത് വെറും കല്പനയല്ല അതുതന്നെയാണ് ഇവിടെ സർവവുമായി നിൽക്കുന്നത് പ്രപഞ്ചമായി നിൽക്കുന്നത് അതുതന്നെയാണ് കാര്യകാരുടെ രൂപത്തിനും ജന്മത്തിനും മരണത്തിനുമെല്ലാം കാരണമായിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പം ഇതെല്ലാം കല്പനയാണോ എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ ഈ സംസാരത്തെ നമ്മൾ ധരിക്കുന്ന തരത്തിൽ നിസ്സാരമാക്കാൻ വേണ്ടി പറയുന്ന ഈ സംസാരം ബൃഹത്ത് തന്നെയാണ് അത് ഈ മനസ്സുകൊണ്ട് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ് അഗീവനം നമ്മുടെ സങ്കല്പത്തിന്റെ സൃഷ്ടിയല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി കൂടെ പറയുകയാണ് താൻ ഉത്തമ മധ്യമ അധമാൻ ഇതെല്ലാം അതാണ് പറഞ്ഞിതമാണ് ഏകമേ വർദ്ധിതയും ആത്മതത്വം സർവകല്പനാ വർജിതം ജാനീ യഥാനെ ഏകമേവീയം ആത്മതത്വം ജാനൻ ആത്മതത്വത്തെ ഗ്രഹിക്കുന്നവൻ വേഗമായിരിക്കുന്ന തുരിയന്റെ സ്പന്ദനമാണ് സർവവും എന്നറിയുന്നവൻ സർവകൽപ്പനാവർജിതം ആ തുരിയൻ എങ്ങനെയാണ് വാസ്തവത്തിൽ സർവകൽപ്പനാരഹിതനാണ് പ്രപഞ്ചരഹിതനാണ് സംസാരശൂന്യനാണ് അതാണറിയേണ്ടത് അത് എന്ന് പറഞ്ഞല്ലോ കൽപ്പിതസംവൃത്യ കൽപ്പിത വ്യവഹാരത്തിലൂടെ ഇങ്ങനെ പ്രപഞ്ചമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് എന്താണ് സർവകൽപ്പനാവർജിതമാണോ കൽപ്പനാരഹിതമാണോ എന്നറിയുന്നവൻ എന്ന ലഭ്യത എന്ന സംസാരത്തെ അനുഭവപ്പെടുന്നില്ല മറിച്ചവൻ ഇത് സർവകൽപ്പനാരഹിതമാണെന്ന് നിശ്ചയിക്കുന്നു ഇവിടെ രണ്ടു കാര്യങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ ഒന്ന് ഈ സർപ്പകൽപ്പനകളും നിലനിൽക്കുന്ന ഈ സംസാരം ഈ പ്രപഞ്ചം മറ്റൊന്ന് സർവകൽപ്പനാരഹിതമായിരിക്കുന്ന ഇതറിയുന്നവന് ഈ സംസാരത്തെ കാണുന്നുണ്ടേഹി ദൃശ്യമാനം ഗഗന തലമലം വിവേകി ബശി അപ്പൊ ഇത് കാഴ്ചയിൽ നിന്ന് വരുന്ന വ്യത്യാസമാണ് ഇത് സ്പന്ദിക്കുന്നു സ്പന്ദിക്കില്ല എന്നുള്ള എല്ലാ വിഷയം ഒരേ ആകാശം തന്നെയാണ് രണ്ടുപേർ കാണണം ബാലൻ അതിനെ കാണുമ്പോൾ എന്ന് വെച്ചാൽ അവിവേകി അവിടെ ഒരു തലം കാണുന്നു ഒരു പാത്രം എടുത്ത് കമിഴ്ത്തി വെച്ചതുപോലെ കാണണം അങ്ങനൊരു പ്രതലം അവനവിടെ അനുഭവപ്പെടുന്നു വാസ്തവത്തിൽ അത് കേവലമായ ശൂന്യതയാണ് അവിടെ അങ്ങനെ ഒരു പ്രതലമില്ല പക്ഷെ അനുഭവപ്പെടുന്നു മുകളിലേക്ക് നോക്കിയാൽ ഒരു കുട കമഴ്ത്തിയതുപോലെ അതൊരു തലത്തെ അവിടെ ഒരു ദേശത്തെ ആരോപിക്കുകയാണ് അതുപോലെ തലമലം ഗഗന തലമലം എന്താണോ അതിന്റെ വർണ്ണവും മറ്റും നിറവും മറ്റും പറയുന്നത് നീല നിറമുള്ളതാണ് അത് പ്രകാശമയമാണ് ഇതെല്ലാം ആകാശത്തിൽ ആരോപിക്കുകയാണ് പ്രകാശം നമുക്കറിയാം അത് സൂര്യന്റെയാണ് അല്ലെങ്കിൽ ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെയൊക്കെയാണ് എന്നാലും അത് ആകാശത്തിന്റേതാണ് വരുന്നത് ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അവകാശമാണ് യാണ് അത് നമ്മൾ അറിയുന്ന മറ്റ് വസ്തുക്കളെപ്പോലെ ഒരു വസ്തുവേ അല്ല രൂപരഹിതമാണ് പരിണാമരഹിതമാണ് പരിമാണമില്ലാത്തതാണ് എന്നാലും നമ്മളവിടെ ഇതെല്ലാം ആരോപിക്കുന്നു സർവേനും ആരോപിക്കുന്നു സർവരും അതൊക്കെ എവിടെ കാണുന്നു ആകാശത്തിൻ്റെതാണെന്ന് ധരിക്കുന്നു ഇപ്പോൾ വിവേകി ധരിക്കുന്നുമില്ല ആകാശം എന്ന് പറയുന്നത് കേവലം അവകാശമാണ് സർവത്തിനും നിലനിൽക്കാൻ ഇടം കൊടുക്കുന്ന ഒന്നാണ് അത് മറ്റൊന്നുമല്ല ആ ഒരു വിവേകം വിവേകിക്കും അവവേകുന്നമ്മുള്ള ആ വ്യത്യാസം അത് വളരെ സൂക്ഷ്മമാണ് പ്രതീതി രണ്ടുപേർക്കും അജ്ഞൻ നോക്കുമ്പോഴും ആകാശത്തിൽ പ്രകാശമുണ്ട് വിവേകി ആകാശം എന്താണ് എന്ന് ആകാശത്തിന്റെ തത്വത്തെ മനസ്സിലാക്കി കേട്ട് അവിടെ നോക്കുമ്പോഴും അവിടെ ആ പ്രതീതിയുണ്ട് പക്ഷേ അതിനെ സംബന്ധിച്ച് വരുന്ന അവിവേകിയുടെയും വിവേകിയുടെയും കൽപ്പനകൾ വേറെ അജ്ഞനെ സംബന്ധിച്ചവിടെ പല കൽപ്പനകളും വരുന്നു തല മലിനത ആദി കൽപ്പനകൾ വരുന്നു വിവേകിയെ സംബന്ധിച്ചോ ആ പ്രതീതി ഉണ്ടെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള കൽപ്പനകളില്ല എങ്ങനെ തലമലിനാദികൾ അവിടെ ഉണ്ടെന്ന് കൽപ്പിക്കുന്നില്ല അപ്പൊ പ്രതീതി നിലങ്ങൾക്ക് തന്നെ കൽപ്പനകളില്ലാതാവാം ഇതാണ് ചിത്രത്തിന്റെ അസ്പന്ദത എന്ന് പറയുന്നത് അത്തരം കൽപ്പനകൾക്ക് സ്ഥാനമില്ല കാരണം വിവേകം വന്നു കഴിഞ്ഞു എന്താണ് കൽപ്പന എന്ന് പറയുന്നത് ഇത് ആകാശത്തിന്റേതാണെന്നുള്ളതാണ് കൽപ്പന ഈ തലം ആകാശത്തിന്റേതാണ് മലം ആകാശത്തിന്റേതാണ് ആകാശത്തിൽ ഇതുണ്ട് എന്നുള്ളതാണ് കൽപ്പന അനുഭവം രണ്ടുപേർക്കും ഒരുപോലെ ആകാശത്തിൽ അഞ്ച എന്തെല്ലാം കാണുന്നു അതെല്ലാം വിവേകിയും കാണുന്നു പക്ഷെ ആകാശത്തിൽ ഇതുണ്ട് ഇതാകാശത്തിൻ്റെതാണ് എന്നൊരു കൽപ്പന വിവേകിയിൽ ഉണ്ടാകുന്നില്ല ആ കൽപ്പന ഉണ്ടാകാതിരിക്കുന്നതാണ് അസ്പന്ദത എന്ന് പറയുന്നത് അതേസമയം വിവേകിയും അതെല്ലാം കാണുന്നുണ്ട് കാഴ്ച എന്ന് പറയുന്നതോ ആരുവെന്ന് പറയുന്ന അതും ചിത്രത്തിന്റെ ഒരു സ്പന്ദനമാണ് അങ്ങനെ ഒരു സ്പന്ദനമുണ്ട് ചിത്രത്തിന് ഇത് കാണുക എന്ന് പറയുന്നു ഇത് അനുഭവപ്പെടുക എന്ന് പറയുന്നു പക്ഷെ അതിൽ അജ്ഞന്റേതായ കൽപ്പനകൾ ഇല്ല അതാണ് രണ്ടും വല്ല വ്യത്യാസം വിവേകിക്കുന്ന പശ്ചി അടുത്ത പറയും എന്താണ് ആ വിവേകിയുടെ ചിത്രം അസ്പന്ദമാകുന്നു എന്ന് പറയുന്നു അസ്പന്ദമാകുക എന്ന് പറയുന്ന എന്താണ് അവിടെ അത്തരത്തിലുള്ള സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നില്ല വേറൊദാഹരണം പറഞ്ഞാൽ മരും മരീക്ഷിക്കാൻ അജ്ഞനെ സംബന്ധിച്ച് അത് ജലമാണ് എന്നുള്ള സങ്കല്പുണ്ടാവുന്നു അതിനെ തുടർന്ന് ഇച്ഛ ഉണ്ടാവുന്നു ജലപാനത്തിനുള്ള ഇച്ഛ ഉണ്ടാവും അത് കഴിഞ്ഞ് പ്രവൃത്തി ഉണ്ടാവുന്നു ഇപ്പൊ ജ്ഞാനം ഇച്ഛ പ്രവൃത്തി ഇത് പലതരത്തിലും സംഭവം അതിനെ സമീപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു അതിനെ നേരെ ഓടുന്നു ആ ജലത്തെ പാനം ചെയ്യുന്നതിന് ശ്രമിക്കുന്നു പ്രവൃത്തിയും വന്നു കഴിഞ്ഞു ഒരു പ്രതീതിയാണ് ഈ പലതരത്തിലുള്ള ജ്ഞാനത്തിനും പലതരത്തിലുള്ള ആഗ്രഹത്തിനും നേരത്തെ പറഞ്ഞ അഭിനിവേശത്തിനും പലതരത്തിലുള്ള പ്രവൃത്തിക്കും കാരണമാക്കി അപ്പോൾ പ്രതീതി എന്ന് പറയുന്നവര് ചിത്തസ്പന്ദനം തുടർന്നു വരുന്ന ജ്ഞാനം ഇച്ഛ ക്രിയകളെല്ലാം നിരന്തരമായ മറ്റനേക സ്പന്ദനങ്ങൾ ഇതൊരു മുന്നിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റൊരു മുന്നിലാണെങ്കിലോ വിവേകി അയാളിന്റെ സത്യം മനസ്സിലാക്കിയപ്പോ ആ പ്രതീതി നിലനിൽക്കേതന്നെ പ്രപഞ്ച പ്രതീതി നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രാരബ്ധെന്ന് മറ്റും പറയുന്നത് അത് നമുക്ക് പ്രപഞ്ച പ്രതീതി എന്ന് വിളിക്കാം ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിന്റെ അനുഭവം അത് നിലനിൽക്കുന്നു പക്ഷേ അതിനെ തുടർന്ന് വരുന്ന സങ്കല്പങ്ങൾ ഇത് ജലമാണ് എന്നൊരു സങ്കല്പം ഉണ്ടാകുന്നേ ഇല്ല ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് അതിന്റെ തത്വം ബോധിച്ചിരിക്കുന്നു അത് കേവലം പ്രകാശമാണെന്നുള്ള ആ തത്വം ബോധിച്ചു അപ്പൊ ജലത്തിന്റെ ഭാവങ്ങളെല്ലാം ജലത്തിന്റെ ഭാവങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ തിരയും തരംഗവും എല്ലാം പ്രതീതമായാലും ജലം എന്നുള്ള ഒരു ബുദ്ധി അവിടെ ഉണ്ടാകുന്നില്ല അപ്പോ അവിടെ എന്ത് ചെയ്തു ആ പ്രതീതിയിൽ തന്നെ വിവേകിയുടെ ചിട്ടം അപ്പോ ചോദിക്കുകയും ചിത്രം അസ്പന്ദമായി കഴിഞ്ഞാൽ പിന്നെങ്ങനെ പ്രവൃത്തി നടക്കും എന്ന് ഞാൻ ചോദിക്കും ഇവിടെ എന്താണോ പ്രതീതി നിലയ്ക്കുന്നില്ല ആ പ്രതീതി നിൽക്കുന്നു മരീചികയിലെ തരംഗങ്ങളും ജലുമെല്ലാം കാണുന്നുണ്ട് ആ പ്രതീതി നശിക്കുന്നില്ല പക്ഷെ അതിനെ തുടർന്നു വരുന്ന ഇത് ജലമാണ് എന്നുള്ള ആ പ്രതീതി അതുണ്ടാകുന്നില്ല അസ്പന്ദം എന്ന് പറയുമ്പോൾ അത് ഉണ്ടായിട്ട് നശിക്കുന്നു എന്നല്ല അങ്ങനെയൊന്നും ഉണ്ടാകുന്നേ അടുത്തതിനെ തുടർന്ന് ആഗ്രഹം ആ ജലം പാനം ചെയ്യണം അതും ഒരു ചിത്തസ്പന്ദനമാണ് അതും അത് വിവേകി അത് ഉണ്ടായിട്ടത് വേണ്ടെന്ന് വെക്കുന്നതല്ല അതുണ്ടാകാൻ പാടില്ല എന്ന് കരുതല്ല ഇനി അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിട്ട് അതിനെ നിരോധിക്കുന്നതല്ല ചിത്തവൃത്തി നിരോധിക്കുക എന്ന് പറയുന്ന എന്താണ് അതിനെ നിരോധിക്കുകയല്ല ജനത്തിൽ ജലം കുടിക്കുന്നതിനുള്ള ആഗ്രഹം വരുന്നു അതിനെ തടയുകയല്ല അത് സംഭവിക്കുന്നില്ല എന്തുകൊണ്ടത് ജലമാണെന്നറിഞ്ഞാലല്ലേ അടുത്ത് ജലം കുടിക്കുന്നതിൽ ആഗ്രഹം വരും ജലമാണെന്നുള്ള ഒരു സ്പന്ദനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ ജലം കുടിക്കാനെങ്ങനെ ആഗ്രഹം വരുന്നു ആഗ്രഹം ഉണ്ടാകുന്നില്ല ഇനി അതിൻ്റെ നേരെ ഓടുന്നില്ല ആ ജലത്തെ കവീശപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല കർമ്മങ്ങളും കർമ്മരൂപത്തിലുള്ള സ്പന്ദനങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് അവിടെയും അസ്പന്ദമായി ഞാനേച്ഛാക്രിയകൾ അവിവേകിയിൽ സംഭവിക്കുന്നവ വിവേകിയിൽ സംഭവിക്കുന്നുണ്ട് അതാണ് ചിത്തത്തിന്റെ അസ്പന്ദത അതേസമയം പ്രതീതി നിലനിൽക്കുന്നുണ്ട് അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം ചിത്തത്തിന്റെ അസ്പന്ദത എന്ന് പറയുന്നതാണ് രണ്ടുമുള്ള വ്യത്യാസം എന്താണോ ഒന്ന് അജ്ഞാനഹേതുവായിട്ടുണ്ടാകുന്നവയാണ് അജ്ഞാനഹേതുവായിട്ടുണ്ടായ ജ്ഞാനമാണ് ഇത് ജലമാണ് ആജ്ഞാനഹേതുവായിട്ടുണ്ടായ ഇച്ഛയാണ് ആ ജലം എനിക്ക് കുടിക്കണം ആ അജ്ഞാനഹേതുവായിട്ടുണ്ടായ പ്രവൃത്തിയാണ് ആ ജലം നേടാൻ വേണ്ടി അതിന്റെ നേരെ ഈ മൂന്ന് കാര്യങ്ങളും ആ പ്രതീതി നിലനിൽക്കുക തന്നെ വിവേകിയിൽ നിലനിൽക്കുന്നുണ്ട് അതാണ് വിവേകിയുടെ ചിത്രത്തിന്റെ അസ്പന്ദത എന്ന് പറയുന്നത് അത് എപ്പോ സംഭവിക്കുന്നു ജാഗ്രതയിൽ തന്നെ ഇത് സുഷുപ്തിയിലല്ല മരുമതിയെ കണ്ടത് ജാഗ്രതയിൽ തന്നെയാണ് ജാഗ്രതയിൽ തന്നെയാണ് അതിനുവേണ്ടിയുള്ള ചിന്തയും ആഗ്രഹവും പ്രവൃത്തിയും എല്ലാം ഉണ്ടായത് അപ്പൊ ജാഗ്രതത്തിൽ തന്നെയാണ് വിവേകിക്ക് ചിത്തസ്പന്ദിക്കാതിരിക്കുന്നത് സമാധിയിലല്ല സാധാരണ സംഭവിക്കുന്നുണ്ടല്ലോ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവനതിന്റെ തത്വം പിടികിട്ടിയില്ലെങ്കിൽ അവന് സഹജമായി തന്നെ ജ്ഞാനവും ഈഛയും ആഗ്രഹവും പ്രവൃത്തികളും എല്ലാം സംഭവിച്ചുകൊണ്ടേ തത്വം പിടികിട്ടാത്രത്തോളം കാലം അവനാ ജലം കണ്ട് വിചാരിക്കുകയാണ് ശരി തൽക്കാലം എനിക്ക് വലിയ ദാഹമില്ല കുറച്ച് കഴിഞ്ഞ് പിടിക്കാം എന്നൊക്കെ വിചാരിച്ചാലും വീണ്ടും മനസ്സിൽ ദാഹം വരും കുടിക്കാൻ ആഗ്രഹം തോന്നും അവിടെ നിരോധിച്ചാലും നീക്കത്തില്ല എന്തുകൊണ്ട് അവന്റെ മനസ്സിൽ അത് ജലമാണ് എന്നുള്ള ജ്ഞാനം ഇരിക്കുകയാണ് തൽക്കാലം വേണ്ടെന്ന് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആഗ്രഹം വരും തൽക്കാലം അങ്ങോട്ട് പോകണ്ടാന്ന് വന്നാലും വീണ്ടും ദാഹിക്കുമ്പോൾ അങ്ങോട്ട് പോകും അവിടെ വിവേകമൊഴികെ മറ്റെന്തെല്ലാം അഭ്യാസങ്ങളിലൂടെ ശ്രമിച്ചാലും ശരി വിവേകമെന്ന് പറയുന്ന എന്താണ് തിരിച്ചറിവിച്ചത് ജലമല്ല എന്നുള്ള തിരിച്ചറിവല്ലാതെ മറ്റെന്തെല്ലാം തരത്തിലുള്ള അഭ്യാസങ്ങൾ ചെയ്താലും ശരി അവിടുത്തെ ചിത്തസ്പന്ദനത്തിൽ നിന്ന് അവന് മോചിക്കാൻ കഴിയത്തില്ല എന്ന് വെച്ചാൽ ഞാനെ ഇച്ഛാ സ്ത്രീകളിൽ നിന്ന് അവന് മോചിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വിവേകമൊന്നു മാത്രമേ ഇതിന് പരിഹാരമായിട്ടുള്ളു വിവേകത്തിൽ ചിത്രം സ്പന്ദിക്കുന്നില്ല എന്ന് പറയുന്നതാണ് അവിടെ വിവേകം മാത്രം മതി വിവേകമെന്ന് പറയുന്നതും ചിത്രത്തിന്റെ ഒരു സ്പന്ദനമാണ് പക്ഷെ അത് മാത്രം നിരോധം കൊണ്ട് സാധ്യമാകുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ചിത്തപ്പെടുത്തി നിരോധം നിരോധം എന്ന് പറയുന്നതാണ് നമ്മൾ ബലം പ്രയോഗിക്കുകയാണ് വെള്ളമുണ്ട് പക്ഷേ എനിക്ക് തൽക്കാലം വേണ്ട എത്ര കാലം അത് പിടിച്ചു നീക്കാൻ പറ്റും കാരണം ദാഹം വരും ദാഹം വന്നുകഴിഞ്ഞാൽ തൽക്കാലം തടഞ്ഞാനും വീണ്ടും ആഗ്രഹം വരും അത് വെള്ളമല്ല എന്ന് തിരിച്ചറിയുന്നത് വരെ ആഗ്രഹം വന്നുകൊണ്ടേയിരിക്കും വെള്ളമല്ല എന്ന് തിരിച്ചറിഞ്ഞവന് ആ വെള്ളം കുടിക്കാൻ എങ്ങനെ ആഗ്രഹം വരും എങ്ങനെ പ്രവൃത്തി ഉണ്ടാകും അതാണ് ചിത്രത്തിന്റെ അസ്പന്ദത എന്ന് പറയുന്നത് അത് ഉണ്ടായിട്ട് നശിക്കുകയല്ല അതവിടെ ഉണ്ടാകുന്നേയില്ല നിഷ്പന്ദമായി തന്നെ ഇരിക്കുന്നു അതേസമയം ഈ തത്വം ഗ്രഹിക്കാതെ ഒരുവൻ അവനോട് നമ്മൾ പറയുന്നു എന്താണ് ആഗ്രഹം പാടില്ല പ്രവൃത്തി പാടില്ല എന്നെല്ലാം പറയും അതെല്ലാം വരഥം എന്തുകൊണ്ട് അവൻ ആഗ്രഹിച്ചേ തീരും കാരണം അവൻ അജ്ഞതയിലാണ് അവന്റെ മുമ്പിൽ ജനം കാണുന്നുണ്ട് അവന് ദാഹമുണ്ട് എങ്ങനെ ആഗ്രഹിക്കാതിരിക്കും ഏത് ഗുരുവെന്ന് അവനോട് ഉപദേശിച്ചാലും നീ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞാലും അവനാഗ്രഹിച്ചേ തീരും കാരണം അതിന്റെ അടിസ്ഥാനപരമായ അവിവേകം അവന് ഇങ്ങനെ നിൽക്കുന്നു മറ്റെന്ത്പായമാണുള്ളത് അവന് ഈ ആഗ്രഹത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേറെ ഒരു ഒരു ഉപായവും ഇല്ല വിവേകം മാത്രമേ വിവേകം വന്നുകഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഉപദേശത്തിന്റെയും ഉപായത്തിന്റെയും ആവശ്യം വിവേകമില്ലാതെ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും വ്യർത്ഥമാണ് എന്നാണ് ഒരു തരത്തിൽ അത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കിയാലും ആത്യന്തികമായി അത് വ്യർത്ഥം അതേതുപോലെ നമ്മൾ അത് ജലമല്ല എന്ന് തിരിച്ചറിയാതെ ആ ജലപാനത്തിലുള്ള ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിനെ നിരോധിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒക്കെയായിരിക്കും അത് അവസാനിക്കാതെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും വിവേകമില്ലാതെ ചെയ്യുന്ന സാധനങ്ങൾ അതിങ്ങനെ ഈ സംസാരത്തിന്റെ ഭാഗമായി ഈ സംസാരത്തോടൊപ്പം അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഒരിക്കലും അവസാനിക്കത്തില്ല നിങ്ങൾ നിയന്ത്രിക്കുന്നു നിങ്ങളെ തന്നെ എന്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അഞ്ജനം ഞാൻ കുടിക്കുന്നില്ല എന്ന് നിയന്ത്രിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല ആ നിയന്ത്രണത്തിന്റെ ബലം വിടുമ്പോ ആ വഴിക്ക് പോകും എന്തുകൊണ്ട് അവിടെ അവിവേകം ശക്തമായിരിക്കും അപ്പൊ അവിടെ സ്പഷ്ടമാണെന്താണ് വിവേകത്തിന് മാത്രമേ അത് സാധ്യമാകൂ പിന്നെ അവിടെ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല നിരോധത്തിന്റെ ആവശ്യമില്ല നിഷിദ്ധമായ ഒരു സങ്കല്പത്തിന്റെ ആവശ്യമില്ല അത് വേണ്ട ഇത് വേണ്ട അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട അരുത് എന്ന് പറയേണ്ട ആവശ്യം വരുന്നുണ്ട് ഇത് ഗുരു ശിഷ്യനോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അരുത് അരുത് ശിഷ്യൻ ും വിചാരിക്കുന്നുണ്ടാണോ അരുത് അരുത് പക്ഷേ ഗുരുവിന്റെ ഉപദേശം അരുത് എന്ന് ഒരു സ്ഥലത്തുകൂടി പോവും ശിഷ്യന്റെ ആഗ്രഹവും ഒരു സ്ഥലത്തുകൂടി അരുത് എന്ന് പോവും പ്രവർത്തി വേറെ ആയിരിക്കും അത് ഈ അരുതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല എന്തുകൊണ്ട് വിവേകരഹിതമായ സാധനം അതോരിടത്തും കൊണ്ടെത്തിക്കത്തില്ല അപ്പോ ആ വിവേകം അതെന്ത് ചെയ്യുന്നു ആ വിവേകത്തിൽ ഇത് കാണുന്നില്ല അതാണ് വിവേകുന്ന പശ്ചിതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാണാത്തതുകൊണ്ട് നജായതെ നജ്യത ചിത്തം ദേവാധ്യാകാരേഹി ഉത്തമ അധമ മധ്യമ ഫലരൂപേണ് അവനെ സംബന്ധിച്ച് അവന്റെ ചിത്തം സ്പന്ദിക്കുന്നില്ല ഉത്പദ്ധ്യത പറയും ദേവാദ്യാകാരേ ഹി ദേവാദിരൂപത്തിൽ ഉണ്ടാകുന്നില്ല ഉത്തമ മധ്യമ അഥമ ഫലരൂപത്തിലുണ്ടാകുന്നില്ല സാധന രൂപത്തിലുണ്ടാകുന്നില്ല അവിടെ നിഷ്പന്ദമായിരിക്കുന്നു തത്വജ്ഞാനി ഈ തത്വത്തെ സാക്ഷാത്കരിക്കുകയും തത്വത്തെ ശിഷ്യന് ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോ എന്താണ് തത്വജ്ഞാനിയും ഈ പ്രപഞ്ചപ്രതീതിയിലാണ് അനുകൽപ്പനെ സാക്ഷാത്കരിക്കാനും ഒന്നുമില്ല ഉപദേശിക്കാനും അപ്രപഞ്ചപ്രതീതിയിൽ ഇരിക്കുക തന്നെ എന്താണ് ചിത്തം നൗത്പദ്യതെ ചിത്തസ്പന്ദനം അവിടെ ഇല്ല എന്നത് പ്രപഞ്ചപ്രതീതി അതൊരു സ്പന്ദനമല്ലേ എന്ന് പ്രപഞ്ചപ്രതീതി ഒരു സ്പന്ദനല്ല ആ പ്രതീതി എന്താണ് അത് ആണെന്ന് പറഞ്ഞെന്താണ് തെരിയന്റെ സ്പന്ദനം മോഹം ആപദ്ധ്യത വേറെ ഭാഗത്ത് പറയുന്നു മന്മോഹത്തെ പ്രാപിക്കുന്നില്ല എന്നറിയാം അപ്പൊ ആ തുരിയസ്പന്ദനം എന്ന് പറയുന്നത് മോഹമല്ല ഇവന്റെ സങ്കല്പങ്ങളാണ് മോഹം എന്ന് പറയുന്നത് ആ തുരിയസ്പന്ദനത്തിൽ തന്നെ അസ്പന്ദമായിരിക്കുക അതാണ് വിവേകം എന്ന് പറയുന്നത് ആ മരുമരീചികയുടെ പ്രതീതി അത് വാസ്തവത്തിൽ ഉപയോഗിക്കുക യാതൊരു ദോഷം ചെയ്യുന്നു അതങ്ങനെ സംഭവിക്കുന്നു അയാളിൽ ചിത്തം നിലനിൽക്കുന്നു അയാളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പോൾ ആ പ്രതീതി നിലനിൽക്കുന്നു അതയാൾക്ക് ദോഷമൊന്നും ചെയ്യുന്നു അജ്ഞന് മാത്രമാണ് അവിടെ ദോഷം ചെയ്യുന്നത് അപ്പോ വിവേകിയെ സംബന്ധിച്ച് ഇന്ന ജായതെ ഉത്പത്തി എന്ന് പറയുന്നതിന്റെ താല്പര്യതാണ് വിവേകം വരുമ്പോ പ്രപഞ്ചം മറഞ്ഞു പോണോന്നല്ല പറയുന്നതിന്റെ താല്പര്യതാണ് പറഞ്ഞു വരുന്നത് ഇവിടെ നിഷ്പന്ത അവസ്ഥയെ കുറിച്ച് പറയുമ്പോ അങ്ങനെ ധരിക്കരുത് പ്രപഞ്ചം മറയുന്നതിന് വിവേകത്തിന്റെ ആവശ്യമേ ഇല്ല അതുകൊണ്ട് വിവേകം നേടിയിട്ട് ഈ പ്രപഞ്ചത്തെ മറക്കേണ്ട ആവശ്യമില്ല പ്രപഞ്ചം മറഞ്ഞു പോവും അതിനെന്തിനാ വിവേക ഇത്രയും കഷ്ടപ്പെട്ട് ഈ വിവേകത്തെ എന്തിനു സമ്പാദിക്കും വിവേക സമ്പാദിക്കുന്നതിന്റെ ലക്ഷ്യം പ്രപഞ്ചത്തെ മറക്കുക എന്നുള്ളതന്ന പ്രപഞ്ചം മാഞ്ഞുപോകുക എന്നുള്ളതല്ല ആ സമാധി പരിശീലിക്കുന്നതിന്റെ ലക്ഷ്യം അതാണ് എന്താണ് പ്രപഞ്ചത്തെ മറക്കുക പ്രപഞ്ച വിസ്മൃതി അതുകൊണ്ട് സാധ്യമാകും അവിടുത്തെ ചിത്തത്തിന്റെ നിഷ്പന്ദത എന്ന് പറയുന്നത് അത് പ്രപഞ്ചവിസ്മൃതിയിലെത്തിക്കും അതിന് ആ പ്രപഞ്ച വിസ്മൃതിയാണ് ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടി സമാധി പരിശീലിക്കേണ്ട കാര്യമില്ല ഉറങ്ങിയ അനായാസമായി സാധിക്കും അപ്പോൾ ചിത്തം തഥാ എന്ന ജായതേ എന്ന ഉത്പദ്യതെ ചിത്തം ഉണ്ടാകുന്നില്ല ഉത്പന്നമാകുന്നില്ല എന്നുള്ള പറയുന്നത് സുഷുയെ കുറിച്ചായി ഇവിടെ അതിനെ കുറിച്ചുള്ള പറയുന്നത് ജാഗ്രത കുറിച്ച് മരുമിരുചിയ കാണുന്ന വിവേകിയും അവിവേകിയും രണ്ടുപേരും ജാഗ്രതയിലാണ് പക്ഷെ രണ്ടുപേരുടെയും സംബന്ധിച്ച് ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു അവിടെ ചിത്തം സ്പന്ദിക്കുന്നില്ല വേറെ ആളെ സംബന്ധിച്ച് പറയുന്നു ചിത്രം സ്പന്ദിക്കുന്നു രണ്ടും ജാഗ്രതന്നെയാണ് പക്ഷെ ചിത്രം സ്പന്ദിക്കാതിരിക്കുന്ന ആ ജാഗ്രത്തിനൊരു പ്രത്യേകതയുണ്ട് അന്യജാഗ്രത് പോലെയാണ് അതുകൊണ്ടാണ് അതിനെ അതിന്റെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയത് മഹാജാഗ്രത് എന്നെല്ലാം പറയുന്നു കാരണം ഈ നിരന്തരമായ സ്പന്ദനമില്ല എന്നുവെച്ചാൽ ജനന മരണങ്ങൾ സംസാരം ഇതെല്ലാം പ്രതീതമാക്കുന്ന സ്പന്ദനങ്ങൾ അവിടെ എന്നാൽ അജ്ഞന് മനസ്സിലാക്കാത്ത ഒരു സ്പന്ദനം അവിടെ ഉണ്ട് താനും അതുകൊണ്ടാണ് അജ്ഞൻ ഗുരുവായി സമീപിക്കുന്നത് അജ്ഞന് ഗുരുവായി ഉപദേശം കൊടുക്കുന്നത് കൊണ്ടാണ് ആ ഒരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ചിത്രം സ്പന്ദിക്കുന്നില്ല എന്ന് പറയുന്നത് ഇവിടെ ഏത് തരത്തിലാണെന്ന് പറയുന്നു അതുകൊണ്ടാണ് വ്യവഹാരം വ്യവഹാരത്തിന്റെ അഭാവം ഇത് രണ്ടും ഇവിടെ ഏത് തരത്തിലാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ആ വ്യവഹാരത്തിന്റെ വ്യവഹാരത്തെ ഭയക്കുക എന്നൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ രീതിയിലാണ് കാരണം മരീചയെ കാണുന്നവൻ അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഭയത്തിനവകാശം അവിവേകിക്കും കാരണം അവന്റെ വ്യവഹാരം എന്ന് പറയുന്നത് കേവലം അവന്റെ പ്രതീതി മാത്രമാണ് അജ്ഞന്റെ വ്യവഹാരം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ജ്ഞാനം ഇച്ഛ പ്രയത്നം എല്ലാം നടക്കുന്നു ജ്ഞാനിയിലും ഉണ്ട് അവിടെ വ്യവഹാരം പക്ഷെ അത് വ്യത്യസ്തമാണ് അത് കേവലം പ്രതീതി രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് അവിടെ ഗ്രാഹ്യത്യാജ്യ ബുദ്ധി വരുന്നുണ്ട് ഇതങ്ങ് ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ആർജിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത് പ്രത്യേകിച്ച് ദോഷം ചെയ്യുന്നില്ല ആ ഒരു പ്രതിഭാസം വിവേകിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതല്ല അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല ആ പ്രതിഭാസം അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്നുകിൽ അതയാൾക്ക് ആനന്ദത്തെ കൊടുക്കും അങ്ങനെയാണെങ്കിൽ അതയാൾ അതിനെ ആർജിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അതയാൾക്ക് ദുഃഖത്തെ കൊടുക്കും അങ്ങനെയാണെങ്കിൽ അത് ഉപേക്ഷിക്കാൻ ശ്രമിക്കും ത്യജിക്കാൻ ശ്രമിക്കും ത്യാഗത്തിനും ആർജ്ജനത്തിനും അവിടെ അവസരമുണ്ട് അജ്ഞന വികയെ സംബന്ധിച്ചാണെങ്കിലോ വ്യവഹാരം എന്ന് പറയുന്നത് അവിടെ കേവലം പ്രതീതി മാത്രമാണ് അപ്പോ അത് കാണാം കാണാതിരിക്കാം അല്ലേ കണ്ണു തുറന്നാ കാണും കണ്ണടച്ചാൽ കാണാതിരിക്കും അത്രയേ ഉള്ളൂ വ്യവഹാരത്തിന്റെ നില അവിടെ ഗ്രാഹ്യത്യാജ്യബുദ്ധി വരുന്നില്ല ഇത് ദോഷമാണ് അതുകൊണ്ടിതിന് ഉപേക്ഷിച്ച് കളയാം ഇതിൽ നിന്നും നേടാനുണ്ട് ഇത് ആർജിക്കാം എന്ന് കരുതുന്നില്ല ദ്വേഷ്ഠിനകാംക്ഷത എല്ലാം നമ്മൾ രീതിയിൽ ചർച്ച ചെയ്തതാണ് ഇതിന്റെ തന്നെ മറ്റൊരു തരം അതിവിടെ വിശദമാകുകയാണ് ന ജായുധ ന ഉത്പദ്ധ്യതി ചിത്തം ഇവിടെ ചിത്രത്തിന് ഉത്പത്തിയില്ല അതുപോലെ തന്നെ നാശമില്ല ദേവാദ്യാകാരേ ഹി ഉത്തമ അധമ മധ്യമ ഫലരൂപേണ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല അസതി ഹേതു ഫലം ഉത്പത്തിയതേ ബീജാദ്യഭാവ സസ്യാദി ബീജമില്ലാതെ ഇങ്ങനെ സസ്യമുണ്ടാകും വിത്തില്ലാതെ വിഷമുണ്ടാകുമെന്ന് നമ്മൾ കാണാറില്ല അതുപോലെ ഹേതുവില്ലാതെ ഫലവും ഇല്ല ഹേതു എന്ന് പറയുന്ന എന്താണോ പൊതുവെ പറയും ഇവിടെ ധർമാധർമ്മങ്ങൾ ഹേതുക്കൾ ജന്മം ഫലം അത് സ്ഥൂലമായി പിറയുന്നതാണ് ശരിക്കും ഹേതു എന്ന് പറയുന്നത് ആദ്യം അവിവേകം തന്നെ ഹേതു അവിവേകത്തെ തുടർന്ന് വരുന്ന അറിവുകൾ അതാണ് അവിവേകമെന്ന് വരുന്ന വിവേകമില്ലായ്മ ഇത് ജലമല്ല എന്നുള്ള വിവേകമില്ലായ്മ ഇതല്ല ജലം എന്നുള്ള ബോധം ഇല്ല അവിവേകം അതിനെ തുടർന്നു വരുന്ന സങ്കല്പങ്ങൾ ഇത് ജലമാണ് ഇത് ശീതളമാണ് ഇത് മധുരമാണ് ഇങ്ങനെ ജലത്തെക്കുറിച്ച് എന്തെല്ലാം സങ്കല്പം ഉണ്ടാകും ഇത് ക്ഷുഭാസ നിവർത്തിക്കെല്ലാം ഉപകരിക്കുന്നതാണ് അതായത് വിശപ്പുണ്ടാകുന്നതെല്ലാം മാറ്റാൻ ഉപകരിക്കുന്നതാണ് ഇങ്ങനെ വരുന്ന അറിവുകൾ അത് തുടർന്നുവരുന്ന ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ് ഹേതു എന്ന് പറയുന്നത് അത് അതനുഭവിക്കണം അതിൻ്റെ മാധുര്യം അനുഭവിക്കണം അതുകൊണ്ട് ജീവനെ നിലനിർത്തണം അതുകൊണ്ട് ജീവനെ പുഷ്ടിപ്പെടുത്തണം കാലദേശങ്ങളോട് ബന്ധപ്പെടുത്തി വരുന്ന വരുന്ന അനേകം ആഗ്രഹങ്ങൾ പിന്നെ അതെങ്ങനെ തന്നെ ആർജിക്കാം അതിനുവേണ്ടി വരുന്ന പ്രവൃത്തികൾ അത് ആ ജലത്തെ അതോ പാനം ചെയ്താൽ മതിയോ അതിനെന്തൊക്കെയാണ് വേണ്ടത് അതിന്റെ പാത്രത്തെ കുറിച്ച് അന്വേഷിക്കുന്നു അതിന്റെ ഉപായങ്ങളെ കുറിച്ച് പ്രവർത്തിക്കുന്നു ഇതെല്ലാം കൂടി ചേർന്നാണ് ശരിക്കും ഹേതു എന്ന് പറയുന്നത് ഇതിന്റെ ഫലമായി വരുന്നതാണ് അതിന്റെ ആ അറിവിൽ തുടങ്ങി ആഗ്രഹത്തിലൂടെ പോയി പ്രവൃത്തിയിൽ എത്തിച്ചേരുന്നതുവരെ അനുഭവിക്കുന്ന സുഖത്വങ്ങൾ അതാണ് ഫലമായി വരുന്നത് അതാണ് നമ്മുടെ സർവപ്രപഞ്ചവ്യവഹാരത്തിന് ഇവിടെ ഇപ്പോൾ യാഗവും മുഖ്യമായി പറഞ്ഞെങ്കിലും സർവപ്രപഞ്ചവ്യവഹാരത്തിനും ഇതാണ് നിലനിൽക്കുന്നത് എല്ലാം അവിവേകമൂലമാണ് അതാണ് പരമാർത്ഥം അത് ഇവിടെ വെളിപ്പെടുത്തുന്നത് സർവവും ചിത്തസ്പന്ദനം എന്നുള്ള രൂപത്തിലാണ് അതുകൊണ്ട് ആ ചിത്തം എങ്ങനെ സ്പന്ദിക്കുന്നു എങ്ങനെ നിഷ്പന്ദമാകുന്നു എന്റെ രണ്ടു ഭാവങ്ങളുമാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത് തഥാന്ന് ചിത്തം അവിടെ ചിത്തം സ്പന്ദിക്കുന്നില്ല ഫലം കൃത ഹേതുല്ലാതിരുന്നാൽ എങ്ങനെ ഫലമുണ്ടാകും എന്ന് വിശദീകരിച്ചത് ഉത്തമാധമധ്യമാൻ തദാന ജാതെ ചിത്തംഭാവേ ഫലം കുത ആ നിമിത്ത ചിത്തനുത്പത്തിവയാ അജാസൃശ്യം ഹി തദ്ധ നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെ വിശദീകരിക്കുകയാണ് എന്താണ് ഹേത്വഭാവേ ചിത്തം ഉത്പദ്ധ്യത ഉക്തം പറഞ്ഞതിന്റെ സാരം അതാണ് ഹേതു ഇല്ലെങ്കിൽ ചിത്തം ഉത്പന്നമാകുന്നില്ല അച്ചിത്തം ഉത്പന്നമാകുന്നതിന് മുഖ്യമായ ഹേതു പറഞ്ഞു അവിവേകം അവിവേകം കൊണ്ട് ചിത്തം സ്പന്ദിച്ചു ജ്ഞാനമായും അറിവായും പ്രവൃത്തിയായും സ്പന്ദിച്ചു അഹേതു അവിവേകമില്ലെങ്കിലോ പിന്നെ എന്തിനു ചിത്തം സ്പന്ദിക്കണം ഈ ചിത്ത സ്പന്ദിക്കുക ചിത്ത സ്പന്ദിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ ചിത്തം നിലനിൽക്കുന്ന സമയത്താണ് പറയുന്നത് ആ സ്വപ്നത്തിന്റെ കാര്യം പോകാം കാരണം സ്വപ്നത്തിൽ നമുക്കൊന്നും ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല ചർച്ച ചെയ്യുന്ന ജാഗ്രത്തിലാണ് അപ്പൊ ജാഗ്രത്തിൽ ഈ ചിത്രം നിലനിൽക്കും ഏതാണ് സ്പന്ദിക്കുന്ന ചിത്രം ആ ചിത്രം നിലനിൽക്കുമ്പോ ആണ് പറയുന്നത് ചിത്തം നൗത്പത്തി മുമ്പ് വിശദീകരിച്ചാണോ അതെങ്ങനെ സംഭവിക്കുന്നുള്ളത് അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് അനുപത്തി ചിത്തശി ആ ചിത്തം ഉത്പന്നമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ ചിത്രത്തിന് ഉത്പന്നമാകാതിരിക്കാം നമ്മൾ പറയും എന്താണ് ചിന്തിക്കുന്നത് പോലും ഉത്പത്തിയാണ് ചിത്തം ഉത്പന്നമാകുന്നില്ല എന്ന് ചിന്തിച്ചാൽ അത് ചിത്തത്തിന്റെ ഉത്പത്തിയ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ഉത്പത്തിയാണ് ഇനി ചെറുവും തുര്യം തന്നെ ചിന്തിച്ചാലും അതും ചിത്രത്തിന്റെ ഉത്പത്തിയാണ് ചിത്രത്തിന്റെ അനുപത്തി എന്ന് പറയുന്നത് എന്താണ് അത് പറയുന്നു പരമാർത്ഥദർശനേന നിരസ്തധർമാധർമ്മഖ്യനിമിത്ത അനിമിത്ത ചിത്ര മോക്ഷാഖ്യ അനുപത്തി सर्वदा, ു സമാ നിർവിശേഷ അദ്വയാ അജാതവന്ന ചിത്ത അദ്വയസ് പരമാർത്ഥ ദർശനേന ചിത്രത്തിന്റെ അനുപത്തിക്ക് പ്രധാനമായും വേണ്ട എന്താണ് ആ വിവേകം നശിക്കുന്നത് നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞുണ്ടോ ഇത് ജലമാണെന്നുള്ള നശിക്കണം അതെങ്ങനെ നശിക്കും പരമാർത്ഥ ദർശനേനോ അതിന്റെ സത്യം അറിയണം അതിന്റെ സത്യം എന്താണ് ഇത് കേവലം ഒരു പ്രതീതി മാത്രമാണ് പോലെ ഇതിൽ സത്യത്വമില്ല പ്രതീതി മാത്രം എന്ന് പറയുന്നതാണ് എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുമ്പോ പുസ്തകത്തെ സംബന്ധിച്ച് ആദ്യം ഇത് പുസ്തകം എന്നുള്ള പ്രതീതി ആ പ്രതീതിയോടൊപ്പം വിട്ടുപിര്യാതിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ചിന്തിച്ചുണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല സഹജമായി അതിൽ നിന്നും മാറാതിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ആ പുസ്തകത്തിന്റെ ഉണ്മ ഇത് ഉള്ളതാണ് അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല പുസ്തകമെന്നുള്ള അറിവുണ്ടാകുമ്പോ ഉണ്മ അതിനോട് ചേർന്നവരും ഭാഷയിലൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് പുസ്തകമില്ല എന്നല്ല നമ്മളറിയും പുസ്തകം ഉണ്ടെന്നാണ് പുസ്തകം എന്നുള്ള വസ്തുവിലൂടെ ഉണ്മയാണ് നമ്മൾ ഗ്രഹിക്കുന്നത് അതിനെ നിഷേധിക്കാൻ വയ്യ പരമാർത്ഥ ദർശനത്തിനെന്താണ് പുസ്തകത്തിലല്ല ആ ഉണ്മ മറിച്ച് ആ ഉണ്മയിൽ ഏകമായിരിക്കുന്ന ഉണ്മയിൽ പുസ്തകം പ്രതീതമാകുകയാണ് ആ ഉണ്മയെ പുസ്തകത്തിന്റെ സ്വന്തമായി ഗ്രഹിക്കുന്നുണ്ട് തന്റെ ഉണ്മ തന്നെയാണ് പുസ്തകത്തിലൂടെ സത് എന്നനുഭവപ്പെടുന്നത് ആ ഉണ്മ കേവലമാണ് ഏകമാണ് സർവാധാരവുമാണ് അത് സർവത്തിനും ആധാരമായിരിക്കുന്നതുകൊണ്ട് സർവവസ്തുക്കളിലും ഉണ്മ അനുഭവപ്പെടും ഇതാണ് പരമാർത്ഥ ദർശനം ശ്രീ പരമാർത്ഥ ദർശനത്തെ ആ രീതി ഗ്രഹിക്കാൻ പറ്റുന്നില്ല അവവേകം കൊണ്ട് ആ സത്യബോധം വസ്തുവിൽ കുറച്ചു പോകും സത്യത്തിൽ വസ്തു കേവലം പ്രതീതമാകുന്നു എന്നുള്ള ആനുഭൂതികമായ അറിവ് ആന്തരികമായ അളവ് അല്ലെങ്കിൽ ആത്മനിഷ്ഠമായ അറിവ് ഉണ്ടാകുന്നില്ല വിവേകിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ അത് അതാണ് ദർശനം പരമാർത്ഥ ദർശനം ഇത് ജലമല്ല എന്നറിയുന്നതുപോലെ അല്ലെങ്കിൽ ഈ കാണുന്ന പ്രതീതിയിൽ ജലതത്വമില്ല കേവലമൊരു പ്രതീതി മാത്രം എവിടെയോ കണ്ട ജലത്തിന്റെ മുമ്പ് എപ്പോഴോ കണ്ട ജലത്തിന്റെ ആ അനുഭവത്തെ ഇവിടെ കൽപ്പിക്കുകയാണ് അതിന് ജലത്തിനുള്ള ചില സമാനതകൾ അവിടെ ഉള്ളതുകൊണ്ട് എന്നിട്ട് ആ കൽപ്പനയെ തന്റെ കൽപ്പനയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് മുമ്പിൽ കാണുന്ന ആ പ്രകാശം തന്നെ ജലമായി പ്രതീതമാകും മുമ്പിൽ കാണുന്ന വസ്തു തന്നെ ഉണ്മയായി പ്രതീതമാകും അതെന്താണ് തന്റെ സ്വരൂപമായിരിക്കുന്ന ഉണ്മയാണ് ആ ഉണ്മയെ വിസ്മരിക്കാനൊക്കെ അത് സ്വയം പ്രകാശിക്കുന്ന ഒന്നാണ് അതിന്റെ പ്രകാശത്തിൽ ആ പ്രകാശത്ത് മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു വസ്തുവിൽ ഉണ്മ ആ വസ്തുവിന്റേതാണെന്ന് കൽപ്പിച്ചു പോകും ഇതാണ് അവർ പ്രകാശത്തിൽ ജലത്തെ കൽപ്പിക്കുന്ന പോലെ വിവേകി എന്ത് ചെയ്യുന്നു പരമാർത്ഥ ദർശനം കൊണ്ട് നിരസ്തധർമാധർമാക്കി ഉത്പത്തി നിമിത്ത ആ എന്താണ് ധർമാധർമ്മം അതിന്റെ ഉത്പത്തി അതിന്റെ ഉൽപ്പത്തിക്ക് നിമിത്തമായിരിക്കുന്ന ധർമ്മങ്ങൾ കർമ്മങ്ങൾ ഇതെല്ലാം ഇതൊന്നും വാസ്തവനെന്നറിയു അതിനെ സംബന്ധിച്ച് അജ്ഞനുണ്ടാകുന്ന ചിത്രവൃത്തികൾ വിവേകിയിലുണ്ടാകുന്നില്ല ഉത്പന്നമാകുന്നില്ല എന്ന വാസ്തവത്തിൽ എന്തിനൊന്നാണ് ആ ചിത്രത്തിന് മോചനം ലഭിക്കേണ്ടത് സ്വന്തം സ്വയം സ്വന്തമായ ഉത്പത്തിയിൽ നിന്നാണ് മോചനം ലഭിക്കേണ്ടത് ആ ചിത്തം തന്നെയാണ് ധർമാധർമ്മ രൂപത്തിലും അതായത് ഹേതുരൂപത്തിലും ഫലരൂപത്തിലും ചിത്തം തന്നെയാണ് ഉത്പന്നത് അപ്പൊ ആ ചിത്തത്തിന് മോചനമെന്ന് എന്താണ് അതിന്റെ ഉത്പത്തിയിൽ നിന്നുള്ള മോചനം ഹേതുവായും ഫലമായും ഉള്ള ആ നിന്നുള്ള മോചനം ഉത്പത്തിയിൽ നിന്നുള്ള മോചനം എന്താണ് അതാണ് ഇവിടെ പറയുന്നത് അനുപത്തി അതാണ് മോക്ഷം മോക്ഷം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആ ചിത്രം ആ തരത്തിൽ ഉത്പന്നമാകാതിരിക്കുകയാണ് അതാണ് മോക്ഷം അന്നുമ്പോ പറഞ്ഞല്ലോ ആ പ്രതീതി നിലനിൽക്കുകയെ തന്നെ അവിടെ തുടർന്നു വന്ന വികൽപ്പങ്ങൾ ഞാനയിച്ച പ്രവൃത്തി രൂപത്തിലുള്ള വികൽപ്പങ്ങൾ ആ വികല്പങ്ങൾ ഉത്പന്നമാകാതിരിക്കുക അത് തന്നെയാണ് ചിത്രത്തിന്റെ മോക്ഷം അപ്പൊ ആ പ്രതീതി നിലനിൽക്കുന്നത് മോക്ഷത്തിന് തടസ്സമല്ല ആ പ്രതീതിയോ അത് ആ സ്പന്ദനമാണ് അത് ജാഗ്രതായി സ്ന്ദിക്കുന്നു സ്വപ്നമായി സ്പന്ദിക്കുന്നു സുഹൃപ്തിയായി സ്പന്ദിക്കുന്നു എല്ലാം ഒന്നിന്റെ തന്നെ സ്പന്ദനമാണ് അത് വാസ്തവത്തിൽ ദോഷം ചെയ്യുന്നതല്ല അതിനകത്ത് വരുന്ന ഈ ഇവിടെ പറഞ്ഞ ധർമാധർമാഖ്യ ഉപത്തിനിമിത്ത ധർമാധർമ്മങ്ങൾ ഇവയാണ് ഇവിടെ ദോഷമായി വരുന്നത് ആ നിമിത്ത സി ചിത്ത അനുപത്തെ ആ ചിത്രം ആ രീതിയിൽ പരിണമിക്കാതിരിക്കുന്നു ആ ചിത്രത്തിന്റെ അനുപത്തി അതാണ് മോക്ഷം എന്ന് പറയുന്നത് സ സർവതാ സർവാവസ്ഥ സമാ നിർവിശേഷ അദ്വയാ മുക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സമാ നിർവിശേഷ അദ്വയാ അത് ഏതവസ്ഥയിലും ജാഗ്രതത്തിലെ തന്നെ ഏതവസ്ഥയിലായാലും സമാ നിർവിശേഷ അദ്വയ സമവും നിർവിശേഷവും അദ്വുമായിരിക്കും അത് ജലം അല്ല എന്നറിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം ആ ജലത്തിന്റെ പ്രതീതി എത്ര കാലം നിന്നാലും ശരി ജലത്തെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചിത്രം എന്താണ് സമമാണ് പറയാം നിർവിശേഷമാണ് അദ്വയമാണ് അവിടെ ഒരൊറ്റ പ്രതീതി എന്താണ് ഇത് ജലമല്ല കേവലം പ്രകാശം മാത്രം അതാണ് ചിത്രത്തിന്റെ അദ്വൈത അതിനെ സംബന്ധിച്ച് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത് നിർവിശേഷമാണെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഞാൻ ഏച്ചാക്രികളൊന്നുമില്ല ജലത്തെ സംബന്ധിക്കുന്ന ഞാൻ ഏച്ചാക്രികളൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ അവിടെ എന്താണോ സഹജമായിട്ടുള്ളത് അതിന്റെ പ്രതീതി ഉണ്ട് ഇതാണ് അതാണ് വിവേകിയുടെ പ്രപഞ്ചപ്രതീതി വിവേകി പ്രപഞ്ചപ്രതീതിയുണ്ട് പക്ഷേ ആ പ്രപഞ്ച പ്രതീതിയിൽ തന്നെ അവിവേകം കൊണ്ടുണ്ടാകുന്ന ഞാൻ ഏച്ചാക്രിയകളൊന്നുമില്ല ബാക്കിയുള്ള പ്രതീതികളിൽ വരുന്നതൊക്കെ അതെല്ലാം സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിവേകം മൂലമായിട്ടല്ല അതിനാണ് നമ്മൾ പ്രാരബ്ധെന്ന് പറയുന്നത് സർവാവസ്ഥു അവിടെ ഏതവസ്ഥകളും വരാം അവിവേകം കൂടാതെയുള്ള ഏതവസ്ഥകളും അവിടെ മാറി മാറി വരാം തത്വന് സ്വപ്നം കാണാമോ ജാഗ്രത വരുമോ ഉറക്കം വരുമോ പറയുന്നു സർവാവസ്ഥാസു ഏതവസ്ഥകളും വരാം ജാഗ്ര സ്വപ്ന സുഷുത്തിൽ എന്ന് പറയുന്ന അവസ്ഥകൾ ഏതവസ്ഥകളും വരാം പക്ഷെ അവിടെ എല്ലാം എന്താണ് സമ നിർവിശേഷ അദ്വയ അവിവേകപൂർവകമായിട്ടുള്ള അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല അതാണ് സർവാവസ്ഥ സ സർവത സമ ഏകരൂപത്തിലിരിക്കുന്നു പ്രാരബ്ധ രൂപത്തിൽ അസുഖദുഃഖങ്ങൾ വരുമ്പോഴോ എന്ന് ചോദിക്കും കാരണം പ്രതീതിയിൽ എന്ത് സംഭവിക്കാം അതൊന്നും അതിന്റെ സ്വരൂപത്തിന് ഭംഗത്തെ ഉണ്ടാക്കുന്നുണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും പ്രകാശം അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു പ്രകാശം നശിച്ചു പോകുന്നതാണ് ഏത് പ്രകാശം എന്നാലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സമയം എടുക്കുക പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെന്തൊക്കെ സംഭവിച്ചാലും ശരി അത് പ്രകാശം വർദ്ധിക്കാം പ്രകാശം കുറയാം പ്രകാശം കാറ്റിൽപ്പെട്ട് കൊലയാ അത് സംഭവിക്കാം പ്രകാശം ഒരു ദീപം കൊടുത്തി വെച്ചാൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കാറ്റിൽപ്പെട്ടത് കൊലയും അത് നിശ്ചലമായി ഏകരൂപത്തിയിരിക്കണമെന്നൊന്നുമില്ല എപ്പോഴും അത് സമാധിയിരിക്കണമെന്നില്ല പക്ഷെ ഒലഞ്ഞു കഴിഞ്ഞാലും എന്താണോ അതിനെ പ്രകാശ സ്വരൂപത്തെ വിട്ടിട്ട് നിൽക്കാം ഏതൊക്കെ അവസ്ഥയിലായാലും അത് പ്രകാശത്തെ വിടുന്നുണ്ട് അതിന്റെ സഹജഭാവത്തെ വിടുന്നുണ്ട് അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ചെറുതായാലും വലുതായാലും അത് നിശ്ചലമായാലും ഒരഞ്ഞാലും ആ പ്രകാശമെന്ന് പറയുന്ന അതിന്റെ സ്വഭാവത്തെ അതിന് വിടാൻ പറ്റത്തില്ല ഈ പ്രതീതിയിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് ഇവിടെ പറയുന്നു സർവാവസ്ഥാസു എന്താണ് അത് സമ നിർവിശേഷ അത് സ്വരൂപമാണ് സമമായിരിക്കുക നിർവിശേഷമായിരിക്കുക എന്ന് പറയുന്നത് അതിന് ഭംഗം വരുന്നില്ല അതിനിവിടെ മോക്ഷാക്കിയ മോക്ഷം എന്ന് പറയുന്നത് ചിത്രത്തിന്റെ അനുപത്തി എന്ന് പറയുന്നത് കുറച്ചുകൂടി പറഞ്ഞാൽ ആ വിവേകിയുടെ വ്യവഹാരം അയാളുടെ വിവേകത്തെ ബാധിക്കുന്നില്ല ഇത് ജലമല്ലാന്നറിഞ്ഞവൻ അതിനെ സംബന്ധിച്ച് കടത്തുന്ന എന്തെല്ലാം വ്യവഹാരങ്ങളായാലിച്ച് അതയാളുടെ വിവേകത്തെ എന്താണ് ഇത് ജലമല്ല എന്നുള്ള വിവേകത്തെ മാറ്റിമറിക്കുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്ന മോക്ഷം എന്ന് പറയുന്നതാണ് അനുപത്തി കുറുമ വി അജാത സി വാൻ പന്നി ചിത്തസ്യ സർവസ്യ അദ്വസ്യ അതുകൂടെ എടുത്തു പറയുന്നു എന്താണോ താൻ ഇതിന്റെ സത്യം മനസ്സിലാക്കിയോ മനസ്സിലാക്കിയില്ല എന്നുള്ളതല്ല തന്നെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല തന്റെ അറിവിനെ ആശ്രയിച്ച് സത്യം നിങ്ങളാ മരീചയെ കണ്ടിട്ട് അത് ജലമാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞോ ഇല്ല എന്നുള്ളത് ഞാൻ ആശ്രയിച്ചല്ല അതിന്റെ സത്യം നിലനിൽക്കുന്നത് മുമ്പ് ഒരു പക്ഷേ നിങ്ങൾ ഭ്രമിച്ചിരിക്കാം പിന്നീട് മാറിയിരിക്കാം എന്തായാലും കുറവുമൊക്കെ മുമ്പും അത് അജാതം തന്നെയായിരുന്നു നിങ്ങൾ അജ്ഞനായിരുന്നപ്പോഴും അത് കേവല പ്രതീതി മാത്രമായിരുന്നു ജ്ഞാനിയായപ്പോഴും അത് കേവല പ്രതീതി തന്നെ അനുപന്നസ്യ അപ്പോഴും അവിടെ ജനം ഉണ്ടായിട്ടില്ല ചിത്തസ്യ സർവസ്യദ്വയസ്യ അപ്പോഴും അവിടെ എന്താണ് കേവലമുണ്ടായിരുന്നത് കേവലമായ പ്രതീതി മാത്രം കേവലമായ ചിത്തത്തിന്റെ ഭാനം മാത്രം ആ തത്വജ്ഞന്റെ ജാഗ്രത തത്വജ്ഞന്റെ ജാഗ്രതയിൽ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചവും അതും കേവലം ഭാനം മാത്രമാണ് പ്രതീതി മാത്രമാണ് സർവസ്യാസ്യ അത് നിങ്ങൾ അജ്ഞനായിരുന്നോ നിങ്ങൾ ജ്ഞാനിയായോ എന്നുള്ളതല്ല പ്രശ്നം ഇവിടെ വാസ്തവത്തിൽ ജ്ഞാനി അജ്ഞാനി എന്ന് രണ്ടായിട്ട് തിരിക്കുന്നില്ല എന്തുകൊണ്ട് സർവസ്വ അദ്വയസിയോ ഇവിടെ അദ്വൈയമായൊരു തത്വത്തെ കുറിച്ചാണ് പറയുന്നത് ആ തത്വത്തിൽ നിങ്ങൾ കർപ്പിക്കുന്നതാണ് ജ്ഞാനി അജ്ഞാനി വാസ്തവത്തിൽ നിങ്ങളുടെ അജ്ഞതയാണ് ആ അജ്ഞതയുടെ സൃഷ്ടിയ സൃഷ്ടിയാണ് നിങ്ങളുടെ ജ്ഞാനി ആ അജ്ഞതയുടെ സൃഷ്ടിയാണ് നിങ്ങളുടെ അജ്ഞാനി രണ്ട് എന്തുകൊണ്ട് ഇവിടെ പറയുന്നത് സർവസ്യാദ്വേസ്യ പൂർവ് നിങ്ങൾ അജ്ഞാനി എന്ന് കൽപ്പിച്ചപ്പോഴും ജ്ഞാനി എല്ലാം എന്താണ് സർവസ്യാദ്വേഷ്യ അദ്വേയമായ ഏകമായ ഭാവം മാത്രമായിരുന്നു അപ്പൊ ഇവിടെ എങ്ങനെയാണ് ജ്ഞാനി അജ്ഞാനി രണ്ടു വരുന്നത് അദ്വൈതത്തിൽ എങ്ങനെ ദ്വൈതം വരും ജ്ഞാനിയെന്നും അജ്ഞാനിയെന്നും പറഞ്ഞു എങ്ങനെ അതിനെ രണ്ടാക്കാൻ കഴിയും അതും അസംബന്ധമെന്നാണ് പറയുന്നത് പൂർവം അഭിയുന്നു അത് ആ നിങ്ങൾ ധരിച്ചിരുന്നു എന്താണ് അജ്ഞനായിരുന്നു അത് അനുപന്നമായ ചിത്തത്തെയാണ് നിങ്ങൾ അങ്ങനെ ധരിച്ചിരിക്കുന്നത് അത് സർവദാ അദ്വൈ രൂപത്തിൽ തന്നെയാണ് പാരമാർത്ഥികമായി അവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാരമാർത്ഥികവുമായി ചിത്രത്തിൽ ഉത്പത്തി സംഭവിക്കുന്നു അതൊരു കാര്യം മറിച്ച് ചിത്രത്തിന്റെ ഉത്പത്തി എന്ന് പറയുന്നത് കേവലം ചിത്രത്തിന്റെ ഭാനം മാത്രമാണ് കേവലം പ്രതീതി മാത്രമാണ് ഈ രണ്ട് കാര്യങ്ങളും ആണ് മുഖ്യമായിട്ടിവിടെ പറയുന്നത് അതാണ് നിത്യമുക്തി എന്ന് പറയുന്നത് ആദ്യം ബന്ധനം രണ്ടാമത് മോക്ഷം എന്നല്ല ഇത് നിത്യമുക്തമാണ് എന്ന് പറയുന്നത് വിവേകത്തിന്റെ ദൃഷ്ടി പറയുകയാണ് ഇവിടെ വിവേകത്തിന്റെ ദൃഷ്ടിയിലേ മനസ്സിലാക്കാനുള്ളൂ അവിവേകത്തിന്റെ ദൃഷ്ടിയിലൊന്നും മനസ്സിലാക്കാനില്ല അതിന്റെ ആവശ്യമുണ്ട് വിവേകത്തിന്റെ ദൃഷ്ടിയിൽ ഇവിടെ ഒരു തരത്തിലും ദൈതത്തിനും നിലനിൽപ്പില്ല അത് ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഉള്ള ഒന്നുമില്ല അതുകൊണ്ട് പറയുന്നു സർവസ്യദ്വയസ്യ ആ അദ്വൈതമായിരിക്കുന്ന ഒന്നിന്റെ പ്രതീതിയാണ് ഈ ജാഗ്രത് അദ്വൈമായിരിക്കുന്ന ഒന്നിന്റെ പ്രതീതിയാണ് പ്രപഞ്ചം അത് അദ്വൈതത്തെ ഭഞ്ജിക്കുന്നതല്ല അവിടെ ചിത്തം സ്പന്ദിക്കുന്നില്ല ഞാൻ ഒരാൾ കരുതുകയാണ് ഞാൻ അജ്ഞനാണ് എന്ന് കരുതിയാൽ അവന്റെ ചിത്തം സ്പന്ദിക്കുന്നു ആ വിവേകത്തിൽ നിന്നായാൽ മുക്തനായാൽ പിന്നെ അവിടെ ചിത്തസ്പന്ദനമില്ല ആ പറയുന്നത് സമാധിയോ അല്ലെങ്കിൽ ഉറക്കത്തെയോ ഒന്നും അല്ല പറയുന്നു ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രതനെയാണ് അതിനാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ബുദ്ധ്വാ അനിമിത്തതാം സത്യാം ചിത്തുപത്തിസമാജാത ചിത്തദൃശ്യം ഹി തയ്യ ശം ശാന് ഓ ശ